ഭഗത്പോ പ്രശ്നം സ്ഥലം ഭഗവാൻ ലോക കേസ മഹാജനാത്മാരാഷ്യാത്മാഭ്യൂ <laughs> <laughs> <laughs> പരമാത്മനിൽ വയോസ്താന് ഗാന്ധവ്യാസ്യുന്ന ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് പൂർവക്ഷ പറഞ്ഞ രീതിയിൽ ശരിയല്ല വയോവസ്ഥാന്യായം ബാല്യം യൗവനം വാർദ്ധകൃം ഇങ്ങനെ ഒരു വ്യക്തി തന്നെ പല അവസ്ഥകളെ പ്രാപിക്കുന്നത് പോലെ ബ്രഹ്മപ്രാപ്തി സാധ്യമല്ല ഭൂപ്രദേശ് ഒരു സ്ഥലത്ത് നിന്നൊരാള് ഒരു ഭൂമിയിൽ തന്നെ വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നു അതുപോലെ പ്രാപ്തി സാധ്യമല്ല ഒരു തരത്തിലും ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് സാറിന്ന് പറയുന്നതാണോ ാപ്തമാണ് അപ്രാപ്തപ്രാപ്തമാണ് എവിടെങ്കിലും ബ്രഹ്മത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിപ്രാപ്തമാണ് നിത്യപ്രാപ്തമാണെന്ന് മാത്രം അർത്ഥപ്പെടുത്താറുണ്ട് അദ്വൈതം അതനുസരിച്ചാണ് അതിനുദാഹരണമാണ് വിസ്മൃതണ്ഠ സാമ്പത്തിക ന്യായം പറയുന്നത് കഴുത്തിൽ കിടക്കുന്ന മാല തന്നെ വിസ്മരിച്ചിട്ട് അതിനെ അവിടെ ഇവിടെയെല്ലാം തൊക്കെ ഉണക്കുന്നു അപ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാൾ പറയുന്നു അത് കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണോ മാലയെ പ്രാപിച്ചത് അവിടെ മാലയെ പ്രാപിക്കുക എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട മാലയെ പ്രാപിച്ചതല്ല പ്രാപ്തമായേനെ പ്രാപിക്കുകയാണ് അപ്പോൾ അവിടെ വിസ്മരിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ വിസ്മരിക്കുകയല്ല കാരണം ഒരിക്കൽ അറിയുക പിന്നെ വിസ്മരിക്കുക വീണ്ടും അറിയുക അങ്ങനെ ഒരു ഇല്ല കാരണം അങ്ങനെയാണെങ്കിൽ അറിഞ്ഞു വിസ്മരിച്ചു വീണ്ടും അറിഞ്ഞു വീണ്ടും വിസ്മരിക്കുക അവസാനം ഇല്ലാകൂ മറന്നുപോയിട്ട് അറിയുകയാണെങ്കിൽ ഇതങ്ങനെ അറിയുക മറക്കുക അറിയുക മറക്കുക അങ്ങനെയൊരു പ്രക്രിയയിലൂടെ ഇതിൻ്റെ അറിവ് നിലനിർത്തുന്നതല്ല അങ്ങനെയൊന്നും ശരിയല്ല എന്നാലും നിജസ്മൃതി എന്നെല്ലാം പറയും അവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണോ മറന്നതുപോലെ എന്ന് പറയാം അവിടെ ഇവിടെ മറക്കുന്നില്ല പക്ഷെ എങ്ങനെയാണോ കഴുത്തിൽ കിടക്കുന്ന മാലയെ മറന്നത് അതിനൊപ്പമായി ഉദാഹരണമായിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഉപമയായിട്ട് പറയുകയാണ് അതുപോലെ കൂടി സംഭവിക്കുന്നു അതൊരിക്കലും മറന്നിട്ട് ഓർക്കുന്നതല്ല കാരണം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ വീണ്ടും ഒരിക്കൽ അറിയേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ മറവി സംഭവിച്ചാൽ എന്ത് വരുന്നു വീണ്ടും ഒരിക്കലും ഇവിടെ അറിയേണ്ട ആവശ്യം വരും ഇവിടെ അങ്ങനെ സമ്യജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് എന്താണ് അറിഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും അറിയേണ്ട ആവശ്യം വരുന്നില്ല മറന്നുകഴിഞ്ഞാൽ വീണ്ടും അറിയേണ്ട ആവശ്യം വരും ഇവിടെ അങ്ങനെ എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്താണ് കാരണം പറയുന്നത് അത് തന്നെ ഉം മറക്കാൻ എന്താണോ നിത്യാപരോഷം എന്ന് പറയുന്നത് അറിയുന്നു എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് നിത്യാപരോഷം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉറക്കത്തിനും നിത്യാപരോക്ഷണോ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഏ അത് ശരി അറിവിനെ ബാധിക്കുന്നില്ല ഏ ഒരിക്കറിഞ്ഞാൽ വീണ്ടും അറിയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്തുകൊണ്ട് ഏ അതാണ് കാരണം അത് തന്നെയാണ് അതിൻ്റെ സമാധാനം കാരണം ഇവിടെ അറിവ് എന്ന് പറയുന്നത് എന്താണോ ഇവിടെ ഈ നിത്യ അപരോക്ഷമായിരിക്കുന്ന തത്വത്തെ വിഷയമാക്കാൻ വേണ്ടിയല്ല അത് അവിഷയമാണ് നിർവിഷയമാണെന്നല്ലാമാണ് അതിനെ പറയുന്നു പാലുവിനെ അറിഞ്ഞതിനെ വിഷയമാക്കുന്നില്ല വിഷയമാക്കുന്നവരറിവ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല അത് അസാധ്യമാണ് കാരണം അത് നിത്യ അപരോക്ഷം അപരോക്ഷ സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അറിവിന് വിഷയങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല അപരോക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണോ ഇതാണ് സുസുഖിയൊക്കെ വിചാരം ചെയ്തവർക്കും അറിയത്തില്ല എന്താണ് അപരോഷമെന്ന് പറഞ്ഞാൽ അതിന്റെ മുഖ്യമായ അർത്ഥം എന്താണ് ഏ എന്ന് പറഞ്ഞാൽ ആ അത് അവദ്യം എന്നുള്ളതാണ് അവരോക്ഷത്വം എന്നുവെച്ചാൽ അത് അറിവിന് വിഷയമാകുന്നില്ല അതുകൊണ്ടാണ് അതിന്റെ അപരോക്ഷം എന്ന് പറയുന്നത് മറ്റൊന്നിനും അതിനുള്ള സാധ്യതയില്ല അപ്പം അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും അത് അറിവിന് വിഷയം ആകുന്നില്ല പക്ഷെ അറിവ് കൂടിയെ തീര അറിവിന് വിഷയമാകാത്ത ഒന്നിനെ സംബന്ധിച്ചുള്ള അറിവ് അറിവന്തിനു വേണ്ടി അറിവില്ലായ്മ മാറ്റുക അത്രയോ അറിവില്ലായ്മയുണ്ട് അത് ഇത് സ്വയം അറിവിൻ്റെ സ്വരൂപമാണ് അപരോക്ഷമാണ് തത്വം എന്ന് പറയും തത്വം എന്ന് പറയുമ്പോൾ അങ്ങനെ ആകാനേ വഴിയുള്ളൂ അങ്ങനെയാണെങ്കിലും അവിടെ അംഗീകരിക്കേണ്ടതൊന്നാണ് എന്ത് അറിവില്ലായ്മയുണ്ട് അപരോക്ഷമായിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട് എന്താ അറിവില്ലായ്മ അത് അപരോക്ഷമാണ് എന്നുള്ള അറിവില്ല അറിവില്ലായ്മഞ്ഞാൽ അതാണ് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അപരോഷമായിരിക്കുന്നതിന് അവരോഷമാണ് എന്ന അറിവില്ല തൻ്റെ സ്വരൂപമായിരിക്കുന്നതിന് തൻ്റെ സ്വരൂപമാണ് എന്നുള്ള അറിവില്ല നിത്യമായിരിക്കുന്നതിന് നിത്യമാണെന്നുള്ള അറിവില്ല നിത്യ ശുദ്ധ ബുദ്ധ മുക്തം എന്നെല്ലാം പറയുന്നിടത്ത് ആ തരത്തിലുള്ളവരറിവില്ല അങ്ങനെ അറിവില്ലായ്മ അപ്പൊ ഇത് ഇങ്ങനെ ആയിരുന്നിട്ടും അറിവില്ലെങ്കിൽ പിന്നെ അങ്ങനെ ആയിരുന്നതുകൊണ്ട് തനിക്ക് വിശേഷ പ്രയോജനമൊന്നുമില്ല അതാണ് ഹിരണ്യ നിധിയുടെ ഉദാഹരണമൊക്കെ പറയുന്നത് എന്താണ് നിധി അടിയിലുണ്ട് അതിൻ്റെ മേളിൽ ദരിദ്രൻ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്നു നിധിത്തെ പുറത്താണ് അയാൾ കിടന്ന് ഉറങ്ങുന്നത് എന്നു വെച്ചാൽ അയാളുടെ കൂരയ്ക്ക് കീഴിൽ ഭണ്ഡാരം ഒളിപ്പിച്ചു വെച്ച നിധി ഇരിക്കുകയാണ് പക്ഷെ അയാളെന്ത് ചെയ്യുന്നു അതിൻ്റെ മുകളിൽ കിടന്നിട്ട് നിത്യദരിദ്രനായി ഉറങ്ങുന്നു അതുപോലെയാണ് ഇവിടെ ഇതിനെ കുറിച്ച് എന്തെല്ലാം വിശേഷങ്ങൾ പറയുന്നു സത്താണ് ചിത്തമാണ് ആനന്ദമാണ് ആ രീതിയിൽ ഒന്നും തന്നെ അറിയുന്നില്ല അപ്പോ നിധിയുടെ പുറത്ത് കിടക്കുന്ന ഒരുവൻ സമ്പന്നനാവണമെങ്കിൽ എന്തു വേണം അവനതിനെ കുറിച്ച് അറിഞ്ഞ് അറിഞ്ഞാൽ മാത്രം മതിയോ അതിൽ നിന്ന് മാന്തിയെടുക്കുന്നു മാന്തിയെടുത്ത് അതിൻ്റെ ക്രയവിക്രയം നടത്തി സമ്പത്തുണ്ടാക്കി ദാരിദ്ര്യം മാറ്റി സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരുടെയും ദാരിദ്ര്യം മാറത്തില്ല നിധി അടിയിലുണ്ടെന്നറിഞ്ഞതുകൊണ്ട് ദാരിദ്ര്യം ഒരിക്കലും മാറുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാരണം നിധിയെ സംബന്ധിച്ച് അറിഞ്ഞാലും അറിവില്ലായ്മ മാറും അറിവില്ലായ്മ മാറി കൊണ്ടാ അവരെ ദാരിദ്ര്യം മാറും അവൻ കുന്താലിയിടത്ത് കിളയ്ക്കണം കിളച്ചിട്ട് അടിയുന്ന നിധിയെ പൊക്കിയെടുക്കണം അറിവില്ലായ്മ അറിവുകൊണ്ട് അറിവില്ലായ്മ മാറും ദാരിദ്ര്യം മാറത്തില്ല അപ്പൊ അതുപോലെ ഇവിടെ യ്ക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് അതാണ് നകർമ്മണ പ്രജയ ധനേന എന്നെല്ലാം പറയുന്നു ഇവിടെ അറിഞ്ഞാൽ മതി അതിനപ്പുറം ഒരു പ്രവൃത്തിയുടെ ആവശ്യം ഇല്ല പിന്നെ അറിഞ്ഞിട്ടും ആൾക്കാർ പ്രവർത്തിക്കുന്നതോന്ന് ചോദിക്കൂ അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് അറിയാത്തത് കൊണ്ട് അറിയുന്നവൻ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അറിയുന്നവന് പ്രവൃത്തി ഇല്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് ഭ്രമിച്ചു കഴിഞ്ഞാൽ എന്തുവരും അവന്യ ഹിരണ്യ നിധിയെ പയ്യശമാക്കുന്നതിന് പ്രവർത്തിക്കുന്നതുപോലെ അറിഞ്ഞിട്ട് പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ അതറിവല്ല അവിടെയും അറിഞ്ഞതുകൊണ്ട് അറിവില്ലായ്മ മാറി പക്ഷെ ദാരിദ്ര്യം മാറിയില്ല ഇവിടെ അങ്ങനെയല്ല അറിഞ്ഞതുകൊണ്ട് അറിവില്ലായ്മ മാറിയ ദാരിദ്ര്യവും മാറി അവന്റെ സ്വരൂപത്തിലുള്ള അവന്റെ ദാരിദ്ര്യം മാറുന്നു അതുകൊണ്ടാണ് വ്യത്യാസം രണ്ട് നിങ്ങള് വ്യത്യാസം അവിടെ അപ്രാപ്തമായ പ്രാപിക്കുന്നു അപ്രാപ്തമായ ഒന്നിനെ പ്രാപിക്കുന്നതിനാണ് യത്നത്തിൻ്റെ ആവശ്യം പ്രവൃത്തിയുടെ ആവശ്യം അപ്രാപ്തമായിരിക്കുന്ന ഏത് വസ്തുവിനെയും പ്രവൃത്തിയിലൂടെ പ്രാപിക്കാൻ പറ്റും ഇതാണ് ഭാഷകാരൻ ആവർത്തിച്ചു പറയും അന്ന് പറയുന്നത് നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യണ്ട ബ്രഹ്മലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം മനസ്സിലാക്കുന്നത് എന്താണ് കർമ്മം എന്ന് പറയുന്നത് വാചികമോ കായികമോ മാനസികവുമായിട്ടുള്ള കർമ്മമൊന്നും വേണ്ട അതിനെല്ലാം വേണം ഭരണ്യഗർഭലോകത്തെ പ്രാപിക്കണമെങ്കിൽ അതാണ് ഇവിടെ ചർച്ച മാനസികമായ കർമ്മം വേണം മാനസിക കർമ്മമാണ് എന്ത് ഉപാസനം വേണം സ്വർഗത്തെ പ്രാപിക്കണമെങ്കിൽ അവിടെ യാഗം ചെയ്യണം അശ്വമേധയാഗം പോലെയുള്ള യാഗങ്ങളൊക്കെ ചെയ്യണം എന്നാൽ വലിയ അധ്വാനം പണം ആവശ്യമുള്ള യാഗങ്ങൾ അവിടേക്ക് എന്തുകൊണ്ട് കർമ്മത്തെ അപേക്ഷിക്കുന്നു അതെല്ലാം ഇപ്പം അപ്രാപ്തമാണ് ഇനി പ്രാപിക്കണം കർമ്മത്തിൻ്റെ കായികമായ കർമ്മത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ മാനസികമായ വാചികമായ ഉപാസനകളുടെ ഫലമായി എന്താ പ്രാപിക്കണം മന്ത്രം ജപിക്കുന്നു വേദം ഉച്ചരിക്കുന്നു അതെല്ലാം എന്താണോ വാചികമായ ഉപാസനകളാണ് അതൊക്കെ ഫലമുണ്ട് സ്വർഗപ്രാപ്തി തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം അവിടെയെല്ലാം നമ്മൾ പ്രാപിക്കേണ്ട വസ്തു അപ്രാപ്തമായിരിക്കുന്നു അതുകൊണ്ട് അവിടെയെല്ലാം എന്തു വേണം ഏതെങ്കിലും തരത്തിലുള്ള പ്രയത്നം ആവശ്യമാണ് ഹിരണ്യനിധിയിലും അതുപോലെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവിടെ അറിവുകൊണ്ട് മാത്രം കാര്യമില്ല അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത് ആദ്യം വേദത്തിൻ്റെ സ്വാധ്യായം പിന്നെ ധർമ്മ ജിജ്ഞാസ പിന്നെ ധർമ്മ വിചാരം അനുഷ്ഠാനം വിചാ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അതിൽ വിചാരം എല്ലാം വരും പിന്നെ ഫലം അങ്ങനെ പോകുന്ന അതുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ അപ്രാപ്തമായ പ്രാപ്തിയിലും ഇതൊക്കെ ആവശ്യമുണ്ട് അറിവും വേണം അനുഷ്ഠാനവും വേണം അവിടെ എല്ലാം പ്രാപ്തിയുണ്ട് ഇവിടെ അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് മുമ്പ് പലതവണയും ഇത് വ്യക്തമാക്കിയ ഇവിടെ അത്ര വിശദീകരിക്കുന്നില്ലല്ലേ ഇവിടെ അതിനെ പ്രാമാണികമായി സമർത്ഥിക്കുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ വിശദാംശങ്ങളിലേക്കിവിടെ കിടക്കുന്നില്ല അത് നമ്മൾ ചർച്ച ചെയ്തൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രാമാണികമായ ചർച്ച ചെയ്യുന്നത് ശ്രുതി പ്രമാണവും യുക്തിയും അനുസരിച്ച് പ്രാപ്തിയില്ല എന്തുകൊണ്ട് എന്നുള്ള കാര്യം ഇവിടെ വിശദീകരിക്കുന്നു ഇവിടെ നിത്യപ്രാപ്തമാണ് നിത്യപ്രാപ്തമായതുകൊണ്ട് അറിഞ്ഞാൽ മതി പിന്നെ യാതൊന്നും ചെയ്യാനും ഇടൊന്നുമില്ല കർത്തവ്യം ഇല്ലാതെ വരുന്നു കർത്തവ്യം ഇല്ലാതെ വരുന്നതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ കർത്തവ്യമില്ലാതെ വരുന്നു തന്നെ അകർത്തൃസ്വരൂപമായി സ്വീകരിക്കുന്നു അപ്പം താൻ കർത്താവല്ല കർത്താവല്ലാത്തവന് കർത്തവ്യമില്ല അങ്ങനെ കർത്താവല്ലാത്തവനങ്ങനെ കർത്തവ്യം കർത്തവ്യം തനിക്കില്ലെങ്കിൽ കർമ്മമല്ല ഇത് ഞാൻ ചെയ്യാൻ കടപ്പെട്ടവനാണ് എന്നേതൊരു കർമ്മത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നതാണ് കർത്തവ്യം കർത്തുമർഹം കർത്തവ്യം ഞാൻ ചെയ്യാൻ കടപ്പെട്ടവനാണെന്ന് ചിന്തിക്കുന്നു അങ്ങനെ കടപ്പാട് കൊണ്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നു നമുക്ക് ചിലപ്പോൾ നമ്മളോട് തന്നെ കടപ്പാട് വരും അതുകൊണ്ട് നമ്മുടെ അഭ്യുദയത്തിന് വേണ്ടി ഓരോ കർമ്മം ചെയ്യും അല്ലെങ്കിൽ ലോകത്തോട് കടപ്പാട് വരും അപ്പം ലോകത്തിൻ്റെ അഭ്യുദയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മുടെ അഭ്യുദയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ലോകത്തിൻ്റെ അഭ്യുദയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും അത് തൻ്റെ കർത്തവ്യമാണെന്ന് കരുതുന്നതുകൊണ്ടാണ് അതുകൊണ്ടെൻ്റെ ആൾക്കാർ പറയുന്നത് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കും എന്ന് പറയുന്നു കർത്തവ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തോന്നുന്നു താൻ കർത്താവാണെന്ന് തോന്നുന്നുണ്ട് അപ്പോഴാണ് കർത്തവ്യം വരുന്നത് അപ്പോൾ താൻ കടത്താവാണെന്ന് തോന്നാത്ത ഒരുവൻ അങ്ങനെ കർത്തവ്യം വരും കടുത്തെടുത്ത് ബുദ്ധി വരുന്നില്ല അപ്പോൾ അവന് കർമ്മങ്ങളില്ല അങ്ങനെ ഇല്ലാതാവണമെങ്കിൽ തന്നെ തന്നെ തന്നെ അകർത്താവായി അറിയുന്നു അഭോക്താവായി അറിയുന്നു അതുപോലെ താൻ അകർത്താവായും അഭോക്താവായും ഇരുന്ന പുര മറിച്ച് താൻ അറിയണം അറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിവില്ലായ്മ കൊണ്ട് എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് അതായത് എവിടെയാണോ നമുക്ക് അറിവില്ലായ്മ വരുന്നത് അവിടെ വിപരീത ബുദ്ധി വരും ഇതിനെയെന്ന് പറയുന്നത് മായ അവിദ്യ എന്നെല്ലാം പറയുന്നു നമുക്കൊരു വിഷയത്തിൽ അറിവില്ലാതെ വരുമ്പോൾ വിപരീത ബുദ്ധി വരും അപ്പൊ ഈ വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു അറിവാണ് വിപരീത ബുദ്ധി അറിവാണ് വിപരീതമായി അറിയുന്നേ ഉള്ളൂ പക്ഷെ അത് മഹാനാശത്തിന് വിപരീത ബുദ്ധി ആത്മനാശത്തിന് കാരണം മഹാനാശം എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രളയവും കൊറോണയൊന്നും ഉണ്ടാകത്തില്ല പിന്നെയോ ആത്മനാശം അതിന് കാരണമായി തീരും എന്നു വെച്ചാൽ അവിടെ അവൻ എന്തു ചെയ്യും വിപരീത ബുദ്ധി എന്ന് പറയുന്നതാണ് കർത്തൃത്വ ഭോക്തൃത്വ കർത്തവ്യത്വ ബുദ്ധി ഈ ബുദ്ധിയോടുകൂടി അവൻ പ്രവർത്തിക്കാൻ തോന്നും അവിടെയാണ് ആത്മലാഭം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ആത്മനാശം സംഭവിക്കുന്നു ഇതൊക്കെ ഭക്ഷുകാരൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം അപ്പോ ഒന്ന് അറിയാതിരിക്കുക രണ്ട് അറിവില്ലായ്മയെ തുടർന്ന് വരുന്ന വിപരീത ബുദ്ധി ഇതിൻ്റെ രണ്ടിൻ്റെയും പേരാണ് എൻ്റെ അജ്ഞാനം ഇത് രണ്ടും രണ്ടിനും തുല്യ പ്രാധാന്യമാണ് എന്തുകൊണ്ട് വിവരീത ബുദ്ധിയുണ്ടായി അറിയാത്തതുകൊണ്ട് അറിയാതിരുന്ന എന്ത് സംഭവിക്കും വിവരീത ബുദ്ധിയുണ്ടാവും അതുകൊണ്ടാണ് കോഷികാരും പറയുന്നത് അറിയണം എന്ന് പറയുന്നു അല്ലാതെ ഇതിനെ അറിഞ്ഞ് ഇതിനെ അറിവിന്റെ വിഷയമാകാൻ വേണ്ടിയിട്ടല്ല അറിഞ്ഞുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിവില്ലായ്മ പോയി അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് വരുന്നു കാരണം വിപരീത ബുദ്ധി എന്തുകൊണ്ടുണ്ടായി അറിവില്ലായ്മ അപ്പം അറിവ് വന്നാലോ വിപരീത ബുദ്ധി പോയി ആ വിപരീത ബുദ്ധിയുടെ നാശത്തിനാണ് എന്ത് പറയുന്നത് ഏണാ ഇനി ആദ്യം പോലെ തുടങ്ങണോ ഇവരീത് ബുദ്ധിയുടെ നാശത്തിൽ എന്താ പറയുന്നു ആ അത് തന്നെ നിങ്ങളുടെ ഉറച്ചു പറയുക ബാധ ഈ പുരുഷ കേസരികളൊക്കെ ഒന്ന് കേക്കട്ടെ ബാധ കേട്ടോ നിങ്ങളെയൊക്കെ ഗുരുക്കന്മാരായാലും മനസ്സിലായോ കാലോകം കേട്ടവരുടെ ഞാൻ ചോദിക്കുന്നു അപ്പോ അതാണ് ഇവിടെ ഭാഷകാരം പറയുന്നതിൻ്റെ സാരം അപ്പോൾ കർമ്മങ്ങൾ അവസാനിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ഫലത്തിൽ അങ്ങനെയാണ് കർമ്മങ്ങൾ അവസാനിക്കുന്നത് എന്തുകൊണ്ട് അത് പോയാൽ എത്തിച്ചേരുന്നിവിടെയാണ് ആത്മാവ് നിത്യപ്രാപ്തമാണോ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നിത്യാപ്തമാണോ അല്ല അത് പ്രാപിക്കേണ്ടതാണ് എന്ന് നമ്മൾക്കൊരു ധാരണ വന്നു കഴിഞ്ഞാൽ നമ്മളെന്തെയും അത് പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടും വളരെ വ്യക്തമായും ഭാഷകാരൻ പറയുന്നു നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി എന്തെങ്കിലും നേടാൻ വേണ്ടി എന്ന് പറയും ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അത് അഭ്യുദയമാണ് അത് സ്വന്തം അഭ്യുദയമായാലും ലോകത്തിന്റെ അഭ്യുദയമായാലും ശരി രണ്ടായാലും ഒരുപോലായാലും രണ്ടിൻ്റെയും പിന്നിന്റെ പിന്നിലെന്താണ് അറിവില്ലായ്മേ വിപരീത ബുദ്ധിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചാലും അതിൽ യാതൊരു വ്യത്യാസമുണ്ട് ആഭിപ്രായത്തിൽ ഭക്ഷുക അഭിപ്രായത്തിൽ രണ്ടും അഭ്യദയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് അഭ്യദയത്തിനുള്ള വേണ്ടിയുള്ള പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് അറിവില്ലായ്മയും വിപരീത ബുദ്ധിയും കൊണ്ട് എന്ന് പറഞ്ഞാൽ കർത്തൃത്വ ബുദ്ധി കൊണ്ട് സംഭവിക്കുന്നതാണ് കർത്തവ്യ സംഭവിക്കുന്നു അപ്പോ ആദ്യം ഈ കർമ്മങ്ങളെല്ലാം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ കർത്തവ്യ ബുദ്ധി ഇല്ലാതാവണം അതില്ലാതാവണമെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മയും വിപരീത ബുദ്ധി ഇല്ലാതാകണം അതില്ലാതാകണമെങ്കിൽ എന്ത് വേണം അറിവുണ്ടാകണം എങ്ങനെയുള്ള അറിവുണ്ടാകണം ഇത് നിത്യപ്രാപ്തമാണെന്നുള്ള അറിവുണ്ടാവണം അതാണ് അറിവിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ തന്നെ ഒരു ചോദ്യം ചോദിച്ചു നിത്യപ്രാപ്തമാണെങ്കിൽ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമാണെങ്കിൽ പിന്നെ എന്തിനാ അറിയുന്നത് അതിൻ്റെ ഉത്തരം ഞാൻ തന്നെ വിശദീകരിച്ചാണ് അറിവിന്റെ ആവശ്യം അത് അറിവ് എന്ന് പറയുന്ന ഒരിക്കലും ഇതിനെ മറ്റേത് വസ്തുവിനെയും അറിയുന്നത് പോലെ അറിവിനെ വിഷയമാക്കാൻ വേണ്ടിയിട്ടല്ല അത് അസാധ്യമായ കാര്യമാണ് കാരണം ഇത് അറിവിനെ വിഷയമാക്കാൻ കഴിയത്തില്ല ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ നമുക്ക് മാറ്റാനും അറിയാനും പറ്റത്തില്ല അപ്പോ തൻ്റെ സ്വരൂപത്തെ ഒരിക്കലും അറിവിന് വിഷയമാക്കാൻ കഴിയുന്നില്ല കഴിയത്തില്ല ആർക്കും കഴിയത്തില്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞതിന് മറുപടി അത് അവേദ്യമാണ് അതാണ് എൻ്റെ സ്വഭാവം ശിശുക്ക് വിചാരം ചെയ്തവരിത്മട്ടുകളായിരുന്നു കണക്ഷൻ പൊക്കള അവേദ്യമായ ഒരിക്കൽ ഒന്ന് ഒരു വസ്തുവിനും ഒരിക്കലും നമ്മൾ വിചാരിച്ച വേദ്യമാക്കാൻ കഴിയത്തില്ല അപ്പോൾ അറിയുന്നതെന്ന് പറയുന്നവർക്ക് ഇതിനെ വേദ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ല ആദ്യം മനസ്സിലാവും പക്ഷെ അതിന് പ്രയോജനമുണ്ട് അപ്പോ പ്രയോജനം എന്താണ് അറിവില്ലായ്മയും വിപരീത ബുദ്ധിയും ഇത് മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനമാണ് എന്താണ് അത് മാറിക്കഴിഞ്ഞാൽ ഇതിന് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിക്കും എന്നുവെച്ചാൽ കർമ്മങ്ങളെല്ലാം അവസാനിക്കും ഇതാണ് അദ്വൈതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അപ്പം ഈ അറിവ് ഇങ്ങനെ ഒരറിവ് കൊണ്ട് അവന് തന്നെക്കുറിച്ച് എന്താ മനസ്സിലാകുന്നത് താൻ അകർത്താവാണ് അഭോക്താവാണ് എന്ന് തന്നെ കുറിച്ച് മനസിലാവും ഈ അറിവിനെയാണ് ഭാഷകാരൻ എന്തു പറയുന്നത് ഏ ആ എന്താണ് ഒന്ന് ഉറച്ചു പറഞ്ഞ് സമ്യക് ഭാഷ്യകാരൻ എന്തു പറയുന്നത് പോയി ഇതുവരെ പറഞ്ഞെല്ലാം വ്യത്ഥമായി ഈ സമയജ്ഞാനത്തിനാണ് ഭാഷകാരനെന്ത് പറയുന്നത് ഏ അറിയേണ്ട സമയത്ത് അറിയേണ്ടതറിയണം എന്തെങ്കിലും അറിഞ്ഞാ പോരാ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മനസ്സിലായില്ലേ പിന്നെ എന്തു പറഞ്ഞാൽ മനസ്സിലാവും എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും എന്നുകൂടെ ഒന്ന് പറഞ്ഞുതരി എല്ലാവരും ബിദിംബി നിക്കുകയാണ് ഇപ്പൊ പൊട്ടിക്കറിയെന്നും പറഞ്ഞു ബിദിംബി നിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അടുത്ത നിമിഷം പൊട്ടിക്കറിയും അതുപോലെ നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ല നിത്യപ്രാപ്തി എന്ന് പറയുന്നതുകൊണ്ട് ഭാഷ്യകാരൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇത്രയും വിശദീകരിച്ചിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇനി എല്ലാവരെയും എഴുന്നേറ്റം നിർത്തി പഠിപ്പിക്കണം ചിലപ്പം ശരിയാവും ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി ഞാൻ തന്നെ പറയും ഇതിനെയാണ് ഭാഷ്യകാരുടെ സന്യാസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്താ അങ്ങോട്ട് എത്താത്തത് ഭാഷ്യകാര സന്യാസം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പലവണ്ണം പറഞ്ഞിട്ടുണ്ട് അത് പെയിന്റ് അടിക്കുന്ന അല്ല അതുമാണ് പക്ഷെ നമ്മൾ പറയുമ്പോൾ നേരെ പറയുന്നുള്ളൂ ഞാൻ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് പറയും ഇതാണ് പക്ഷകാരൻ പറയുന്നത് സന്യാസം എന്താണ് ജ്ഞാനമാണ് സന്യാസം എന്ന് പറയുന്നത് ബാക്കി സംഭവിക്കുന്ന കാര്യങ്ങളാ എല്ലാം അതിനെ തുടർന്ന് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം വേണമെങ്കിൽ സന്യാസം ഒന്ന് വിളിക്കാം അതാണ് ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നിട്ടൊന്നാണ് ഈ സന്ദർഭത്തിൽ നിന്നൊക്കെ അത് ഓർമ്മ വരാത്തത് നിത്യപ്രാപ്തി എന്ന് പറയുമ്പം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ വേണ്ട എന്ന് പറയുന്നതാണ് അതറിയുന്നതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കർമ്മങ്ങളില്ല അറിവില്ലായ്മ പോയി വിപരീതജ്ഞാനം പോയി തന്നെ അകർത്താവായും മകോക്താവായും എല്ലാം ബോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ഭാഷകാരം പറയുന്ന സന്യാസമെന്ന് പറയുന്നു പിന്നെ ബാക്കി നടക്കുന്ന സന്യാസം മോശമെന്നൊന്നുമല്ല ഞാൻ പറയുന്ന അങ്ങനെ നിങ്ങൾ ധരിച്ചടയായിരുന്നു അതെല്ലാം ഒരു വ്യവഹാര സൗകര്യത്തിന് വേണ്ടി ആചാര്യന്മാരെല്ലാം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നവരെ ഇടപാടുകളാണ് അത് ഭാഷ്യകാരൻ നമ്മൾ ഭാഷ്യം മനസ്സിലാക്കുമ്പോൾ ഭാഷ്യകാരൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കണം ഭാഷകാരൻ പറയുന്നത് നീ അറിവാണ് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി എന്തറിയണം ഇത് പലതരത്തിലും വിശദീകരിക്കാൻ മുമ്പ് ഞാൻ മറ്റു തരത്തിൽ വിശദീകരിച്ചു ഇപ്പോൾ ഇതിങ്ങനെ വിശദീകരിക്കുന്നു ഇനിയും ഈ കാര്യം മനസ്സിലാക്കുന്നതിന് ഭാഷ്യത്തിൽ തന്നെ പല പ്രക്രിയകളും ഉണ്ട് പക്ഷെ എന്താണ് ഭാഷകാരൻ പറയുന്ന ഭാഷ്യകാരൻ ഈ അദ്വൈതം പറയുന്നിടത്ത് മുഴുവൻ ഭാഷ്യകാരനെ സംബന്ധിച്ചൊരൊറ്റ ലക്ഷ്യമേ ഭാഷകാരന്റെ മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത് സന്യാസം തന്നെ ഈ പറയുന്നിടത്തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് തുടക്കം തുടക്കം എന്ന് പറയുന്ന സാധാരണ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗീതാ ഭാഷ മൂലമായത് ശരി ഉപനിഷത്തുകളാൻ ആണെങ്കിൽ എന്താണോ ഈശാവാസ്യമായത് തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ജ്ഞാന കർമ്മണൂർ വിരോധ പർവ്വതവത് അകമ്പ്യ ഈ ജ്ഞാനവും കർമ്മങ്ങളും തമ്മിലുള്ള വിരോധം എന്താണ് അകമ്പ്യമാണ് ചലിപ്പിക്കാൻ പറ്റത്തില്ല ഇതിനെ കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല അതകമ്പ്യമാണ് നിങ്ങൾക്ക് ഭാഷകാരനെ കുറിച്ച് വലിയ ആദരവാണ് ബഹുമാനമാണ് വാഴ്ത്തുകയോ സ്തുതിക്കുകയോ പൂജിക്കുകയോ എല്ലാം ചെയ്യാൻ തയ്യാറാണ് അതൊക്കെ ശരി അതിലൊക്കെ എന്നെക്കാളും നിങ്ങൾ വളരെ വളരെ മുമ്പിലാണ് ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നിങ്ങളതുപോലും പറയാൻ ധൈര്യപ്പെടാത്ത ആൾക്കാർ ഇതെല്ലാമാണെങ്കിലും ഭാഷകാരൻ പറഞ്ഞ ആ പ്രധാനമായ കാര്യങ്ങൾ അതിനെ അറിയാനോ അതിനെ അംഗീകരിക്കാനോ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അവിടെ കുഴപ്പം അങ്ങനെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതുമാത്രം മനസ്സിൽക്കത്തില്ല ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിനിക്കും ഭാഷത്തിൻ്റെ മർമ്മ പ്രധാനമായ ആശയങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം അത് മനസ്സിലില്ല വേറെ ഉള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ എനിക്കും ഭാഷകാരനെ കുറിച്ച് ഇപ്പോൾ ഒരു മതപ്രഭാഷണം നടത്താൻ പറഞ്ഞാൽ എല്ലാവരും നടത്തും ഭാഷകാരൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് പറയാത്തായിരിക്കും ഇപ്പം നിത്യപ്രാപ്തമെന്ന് ഭാഷകാലം പറയുന്നതിൻ്റെ താല്പര്യം അതാണ് ആ അറിവ് അത് അറിയണം അറിഞ്ഞേ തീരൂ പക്ഷെ അറിയുന്നതുകൊണ്ട് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതൊരിക്കലും ആകുന്നില്ല അറിവ് എന്ന് പറയുന്നത് തൻ്റെ സ്വരൂപത്തെ ബാക്കി എല്ലായിടത്തും അറിവ് അതിൻ്റെ വിഷയത്തെ വിഷയമാക്കുന്നുണ്ട് എന്തുകൊണ്ടെല്ലാം വേദ്യങ്ങളാണ് ഏതും ഇന്ദ്രിയ വിഷയമായിരിക്കുന്നതായാലും ശരി അതീന്ദ്രിയമായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് വേദ്യങ്ങളാണെല്ലാം ഏതെങ്കിലും തരത്തിൽ എനിക്ക് അവേദ്യമായത് മറ്റൊരാൾക്ക് വേദ്യമായിരിക്കും അതീന്ദ്രിയമായ വിഷയങ്ങൾ നമുക്ക് വേദ്യമല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും സിദ്ധന്മാർക്ക് അത് വേദ്യമായി പക്ഷേ തൻ്റെ സ്വരൂപത്തെ കുറിച്ച് പറയുമ്പോൾ അതെന്നും എന്തു തന്നെ ആയിരിക്കും അവൈദ്യമായിരിക്കും അതുകൊണ്ടതിനൊരിക്കലും അറിവിനു വിഷയമാക്കാൻ കഴിയത്തില്ല പക്ഷെ അതുകൊണ്ട് അതിനെ അറിയരുതെന്നല്ല ഭക്ഷിക്കാൻ്റെ അഭിപ്രായം അതിനെ അറിഞ്ഞേ തീരൂ അറിയണം ഞാനേ നേവതു കൈവല്യം അതറിഞ്ഞേ മതിയാവും അറിവിന്റെ ഫലം എന്ന് പറയുന്നത് സർവകർമ്മ നിവൃത്തി ഈ കർമ്മ നിവൃത്തി എന്നെല്ലാം പറയുന്നത് പക്ഷുകാരൻ പറയുന്നത് ഇത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മ നിവൃത്തി എന്ന് പറയുന്നത് തന്നുള്ള കർത്തൃത്വവും കർത്തവ്യ ബുദ്ധിയും ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണോ അതാണ് കർമ്മ നിവൃത്തി എന്ന് പറയുന്നതാണ് സന്യാസത്തിന് വേറെ ഒരു അർത്ഥവും പറയാൻ പറ്റിയില്ല ഭാഷ്യമനുസരിച്ച് ഇങ്ങനെയല്ല വേറൊരു അർത്ഥം അത് വേണ്ടി എന്ത് മനസിലാക്കണം ഇത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അറിയണം നിത്യപ്രാപ്തമാണ് എന്നറിയുന്നു അപ്പോൾ പ്രാപിക്കാനുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ ശ്രമങ്ങളും അവൻ ഉപേക്ഷിക്കും ആത്മാവിൻ്റെ സ്വരൂപവും മുക്തിയും സന്യാസവും എല്ലാം ഫലത്തിൽ ഒന്നു തന്നെ ഭാഷ്യമനുസരിച്ച് ഷ്യും നമ്മൾ ആപാതച്ചൂടം വിചാരം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബാക്കി പ്രചാരത്തിലിരിക്കുന്ന ബാക്കിയെല്ലാം വ്യവഹാരത്തിൽ ഓരോരോ കാര്യങ്ങൾ ഓരോ ആചാരങ്ങൾ അത് ഇങ്ങനെ ഏർപ്പാട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഗുണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അതിനെയും ഭാഷകാലം പരാമർശിച്ചിട്ടുണ്ട് സന്യാസം മറ്റു തരത്തിലൊക്കെ ലോകത്തിൽ എന്താണ് ഈ കാണുന്ന ഇതിൻ്റെ ഭാഷകാലം എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ഭാഷകാരും പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് സ്മാർത്ഥസന്യാസം എന്നാണ് ഇതിനെ പറയുന്നത് സ്മാർത്ഥസന്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓരോരുത്തർ പറഞ്ഞു വച്ചിരിക്കുന്നു അതനുസരിച്ച് ചെയ്യുന്നു ഒരാൾ തരുന്നു വേറൊരാൾ വാങ്ങുന്നു ഇങ്ങനെയൊക്കെയുള്ള ഇടപാട് ഇങ്ങനെയുള്ള ഇടപാടുകളെന്നോ ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളെന്നോ എന്ത് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് സ്മാർത്ഥ സന്യാസം അവിടെ കൊടുക്കലുണ്ട് വാങ്ങലുണ്ട് ചില അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതിനെയും പക്ഷുകാരൻ അംഗീകരിക്കാതിരിക്കുന്നില്ല പാഷുകാരൻ അതിൻ്റെ പക്ഷക്കാരനല്ല കാരണം ഈ ഇടപാടെല്ലാം ഭാഷകാരന് മുമ്പും ഈ സമ്പ്രദായത്തെ തന്നെ നിലനിന്നിരുന്നു അപ്പം ഭാഷകാരൻ അതിനുവേണ്ടി ഭാഷ്യം എഴുതേണ്ട കാര്യമില്ല അതിനുവേണ്ടി ശ്രുതിയുടെ ആവശ്യമില്ല കാരണം അതിനുവേണ്ടി സ്മൃതികളുണ്ട് സ്മൃതികളിലാണ് എന്നെ കുറിച്ച് പറയുന്നത് ശ്രുതി ഒഴിവുള്ള ബാക്കി എല്ലാത്തിനും സ്മൃതി എന്ന് പറയാം പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്മൃതി എന്ന് പേര് കേട്ടതും എല്ലാം ഈ ഇടപാടുകളെ കുറിച്ച് പറയുന്നത് അതിന് കാലം കൊണ്ട് പല പല മാറ്റങ്ങൾ വന്ന് ഇന്നത്തെ കാലത്ത് ഈ കാണും ഇതൊക്കെ വ്യവഹാര സൗകര്യത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഭക്ഷ്യകാരൻ ഇതിനല്ല പറയുന്നത് അതിന് എന്താണ് വ്യവഹാരത്തിൽ അതിനൊരു സ്ഥാനമുണ്ട് ഭാഷകാരൻ പറയുന്നത് ഈ പറയുന്ന പരമാർത്ഥ ജ്ഞാനത്വത്തിന് പരമാർത്ഥത്തെ അറിയുന്നതിനെ തന്നെയാണ് സ്വരൂപത്തെ അറിയുന്നതിനെ തന്നെയാണ് ആ അറിവിൽ ഭാഷകാരൻ പറയുന്നു ഇത് നിത്യപ്രാപ്തമാണ് ഇത് പ്രാപിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് പ്രാപിക്കുന്നു എന്നുള്ള ഭ്രമത്തിൽ മനുഷ്യൻ വീണ്ടും കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിപ്പിക്കും എന്ന് ഒരു ഭാഗത്ത് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്ന ജ്ഞാനലക്ഷണമായ സന്യാസ് മറ്റൊരു ഭാഗത്ത് സ്മാർത്ത സന്യാസ് അപ്പൊ ഇത് എങ്ങനെ യോജിപ്പിക്കും എങ്ങനെയാണ് ജ്ഞാനപ്രാപ്തിക്ക് സഹായകമായിട്ട് അതിനെ സ്വീകരിക്കാം ശരിയാണ് പൂർണമായും ശരിയാണ് പിന്നെ ഞാന പ്രാപ്തിക്ക് വേണ്ടി അത് സ്വീകരിക്കാം എന്ന് പറയുന്നു എന്ന് പറയുമ്പം നമ്മൾ ഗീത ചർച്ച ചെയ്തെടുത്തൊക്കെ പറഞ്ഞാണ് വീണ്ടും അവിടേക്ക് വരികയാണ് എൻ്റെ അപ്പോയിന്റിലേക്ക് സ്മാർത്ഥ സന്യാസത്തെ എങ്ങനെ സ്വീകരിക്കാം ആ അതാ കറക്റ്റ് ബോധമുള്ളവരുണ്ട് സ്മാർത്ഥസന്യാസത്തെ ഇന്ന് സ്വീകരിക്കുകയാണെങ്കിൽ എന്തായിട്ട് സ്വീകരിക്കാൻ പറ്റൂ കർമ്മയോഗമായിട്ടേ സ്വീകരിക്കാൻ പറ്റൂ അങ്ങനെ ഇന്ന് സ്വീകരിക്കാൻ പറ്റൂ കാരണം അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം ഈ സ്മാർത്ഥ സന്യാസം ആർക്ക് വേണ്ടിയിട്ടാണ് ബോധമില്ലാത്തവന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആരാണ് ഏ ബോധമില്ലാത്തവൻ എന്ന് പറയുന്നത് നിങ്ങളങ്ങനെ മയപ്പെടുത്തി സുഖപ്പെടുത്തിയെന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും പക്ഷികാരന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ബോധമില്ലാത്തവന് വേണ്ടിയിട്ടാണത് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോർക്കും പ്രയാസം തോന്നരുത് സന്യാസത്തെ ഞാൻ ഈഴ്ത്തിനെന്ന് അതായത് ഇങ്ങനെ ആരാണോ സന്യാസി സ്വീകരിക്കുന്നത് അവൻ എപ്പോഴും അവന്റെ ഉള്ളിലൊരു ബോധം ഉണ്ടായിരിക്കണെന്താണ് ഞാൻ ബോധമില്ലാത്തവനാണ് എന്നുള്ളൊരു ബോധം നല്ലതാണ് ഏ ഞാൻ ബോധമില്ലാത്തവനാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തി എന്താണ് സന്യാസിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ഏറ്റവും അതിൽ പ്രധാനപ്പെട്ട ഭയമാണ് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വാക്ക് കായ മറ്റ് കാരണങ്ങളെല്ലാം അബദ്ധ സഞ്ചാരത്തിലേക്ക് പോകുമ്പോൾ ഭയം വേണം ഗുരു ശിക്ഷിക്കുക രക്ഷിക്കുക മാത്രമല്ല ശിക്ഷിക്കുകയും ചെയ്യുന്ന ആളാണെന്നുള്ള ഭയം കൊണ്ട് അതിൽ നിന്നെല്ലാം പിന്മാറണം അതോടൊപ്പം തന്നെ ഒന്നുകൂടെ വേണം എന്താണ് വിവേകം ആ വിവേകമെന്ന് പറയുന്നത് എന്താണ് ഏ ഞാൻ ബോധമില്ലാത്തവനാണ് സൂക്ഷിക്കണം എന്നുള്ള വിവേകം ീ വിവേകം കൂടെ വേണം അല്ലെങ്കിൽ എന്താണ് വിന്യാസമെന്ന് പറയുന്നത് ചെത്തക്കൊമ്പിലടിച്ച് കയറ്റിയതുപോലായിപ്പോയി വിചാരി ഞാൻ എന്തൊക്കെ ആയെന്ന് വിചാരിക്കുന്നു ഒന്നും ആകുന്നില്ല അത് തൽക്കാലം എന്തൊക്കെ ആയെന്ന് തോന്നുന്നു അങ്ങനെയാണ് എല്ലാ സാശ്രമത്തിൽ നടന്ന സംഭവമാണ് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് വലിയൊരു ചടങ്ങാണ് അവിടെ ഇവിടെയൊക്കെ എങ്ങനെ ചെയ്യുന്നെന്ന് എനിക്കറിയത്തില്ല ആത്മ പിണ്ഡം എന്ന് പറയുന്നത് വലിയൊരു ഒരു ദിവസത്തെ മുഴുവൻ പണിയാണ് ഗംഗയിൽ ഇറങ്ങി നിന്ന് അവൻ്റെ അസ്ഥിയും മജ്ജയും മാംസവും എല്ലാം മരവിക്കത്തക്ക ചടങ്ങാണ് തണുത്ത അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് സന്യാസി സ്വീകരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു മലയാളി എന്നോട് പറഞ്ഞു രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞു എന്തായാലും ജീവിതം രക്ഷപ്പെട്ടു അതിനെനിക്ക് സ്വാമിയോട് നന്ദിയുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്ത് അവിടെ അവിടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ അന്ന് കിട്ടത്തില്ലായിരുന്നു അന്ന് ഞാൻ റെക്കമെന്റ് ചെയ്താൽ കിട്ടും ഇന്ന് ഞാൻ റെക്കമെന്റ് ചെയ്താൽ കിട്ടത്തില്ല അത് വേറെ കാര്യം അതുകൊണ്ട് എൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻ വരും അപ്പോ എന്തായാലും ഇയാള് വളരെ സന്തോഷം അതായത് ഇത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നിയാണ് എന്നുവെച്ചാൽ അയാള് തലമുണ്ടനം ചെയ്തു അതിലുണ്ടായിരുന്നതെല്ലാം മാറ്റി എന്തായി കാവ്യവസനം ധരിച്ചു പുതിയൊരു പേര് കിട്ടി പിന്നെ ഇത്രയും തണുപ്പത്തു നിന്ന് മരവിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു ഏറ്റവും മഹത്തായ ഒരു കാര്യം അയാൾ ചെയ്തത് സിഗരറ്റ് കലി നിർത്തി അതോടുകൂടി അതിന ചെറുതായിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായത് അതും നിർത്തി എല്ലാം കൊണ്ടാണ് പുള്ളി പറഞ്ഞത് എന്താണ് രക്ഷപ്പെട്ടു എന്തൊക്കെ താൻ മാറി എന്നുള്ളത് അയാൾക്ക് തോന്നി അപ്പോ അത് തൽക്കാലം തോന്നുന്നതാണ് അത് നമുക്കൊരു ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം വരില്ലേ അത്രയേ ഉള്ളൂ അധികമഞ്ചി സന്യാസത്തിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പ സംഭവിക്കും അത് ഇതുപോലെയുള്ളൂ ഞാൻ പറയുന്നത് വാസ്തവമാണ് മോശമാക്കാൻ വേണ്ടി പറയുന്ന ഒരു ഉന്മേഷം അപ്പ തോന്നും കുറച്ച് കഴിഞ്ഞാൽ പുതിയ പേരുകാരൻ പഴയ പേരുകാരൻ തന്നെ എല്ലാത്തിനും മാറ്റം വരും മുട്ട ചിലപ്പോൾ താടിയാവും താടി ചിലപ്പോൾ മുട്ടയാവും എല്ലാം മാറി മാറി വരാം അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇദ്ദേഹത്തിന് വലിയൊരു ദുരന്തമാണ് കാലത്തുണ്ടായത് അത് പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു ശുഭ അവസരത്തിൽ അത് പറഞ്ഞു പറയുന്നു ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പോൾ അതൊക്കെ ബാഹ്യമായി സംഭവിക്കുന്നതൊക്കെ താത്കാലികമായൊരു മാറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ അവന് എന്നും നിൽക്കേണ്ടത് എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം എന്താണ് വിവേകം എന്ത് വിവേകം ഞാൻ ബോധമില്ലാത്തവനാണ് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളൊരു വിവേകം ഉള്ളിൽ നിന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഭയവും രണ്ടും കൂടെ ഉണ്ടെങ്കിൽ വിവേകവും എപ്പോഴാണോ വിവേകം കൈവിടുന്നപ്പോൾ എന്ത് വേണം ഭയം കൈവിടുമ്പോൾ വിവേകം ഈ രണ്ടും കൂടെ ഒരുമിച്ച് പോയാൽ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് എന്നെ പറയുന്നത് കാരണം രക്ഷപ്പെട്ടവരെക്കാളും രക്ഷപ്പെടാത്തവരാണ് എണ്ണത്തിൽ കൂടുതൽ അതുകൊണ്ട് പറയുകയാണ് അപ്പോ ഇത് ഭാഷികാരന്റെ അഭിപ്രായം ഞാനീ പറഞ്ഞത് ഞാൻ പറഞ്ഞ സ്മാർത്ഥ സന്യാസത്തെ ഇപ്പോൾ സ്മാർത്ഥ സന്യാസം എന്ന് പറയുന്നത് അവിവേകി അജ്ഞന് വേണ്ടിയിട്ടെന്നുള്ളതാണ് അപ്പോൾ അവിടെ കർമ്മം എന്ന് പറയുന്നതിനെ എന്ത് എങ്ങനെ സ്വീകരിക്കുന്നു കർമ്മയോഗമായിട്ട് ഭാഷകാരനും അത് അംഗീകരിച്ചിട്ടുണ്ട് അതാണ് അപ്പം നമ്മുടെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പം എന്തെങ്കിലും ഒരു വലിയ പ്രതീക്ഷകളോടോ ആശയോടോ ഭൗതികമോ ലൗകികമായോ എന്തെങ്കിലും നേട്ടങ്ങളോ ഉദ്ദേശിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനം അബദ്ധത്തിൽ ചെന്ന് ചാടില്ല അത് വരാൻ പാടില്ല നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ശരിയായ ഇതിത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ ധരിച്ചാണ് പോകുന്നതെങ്കിൽ അതൊക്കെ ഭാവിയിലെന്ത് ചെയ്യും ചെയ്യും ഗുണം എന്താ അതുകൊണ്ടാണ് നിത്യപ്രാപ്തി എന്ന് പറയുന്നതുമായി ബന്ധപ്പെടുത്തി ഇതുകൂടെ പറഞ്ഞത് ഇതുപോലെ പലതും പറയാനുണ്ട് എന്ന് ഇത്രയും പറയുന്നു